അഊദു ബില്ലാഹി മിന ശുഹൂരിം ഫുസ്ലാബി വസീആതി ആലനാ മയ്യറുഹില്ലാഹു ഫലാ മുഹല്ലാഹു ഇൻ യംമൻ ഫലാഹ ദീല വഅശദു അല്ലാ ഇലാഹിന്നല്ലാഹ് വഅശദു അന്ന മുഹമ്മദൻ അബദഹു വറസൂലുഹു യാ അയ്യുഹല്ലദീന ആമൻ തഖല്ല خاتم قات ولا تموتن الا وحنتم مسلمون يا ايها الناس تقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجال كثيره ونساء واتقوا الله الذي تساءل ുംകോ فأخذنا أحسن الحديث كتاب الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشرعنا ما حدثا وكل محدثه بدعة وكل بدعة ضلالة ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ും എന്ന് ഓർമ്മപ്പെടുത്തിയായ അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടത് ഒരു വിശ്വാസിക ജീവിതത്തിന്റെ ഭാഗമാണ് മുഹമ്മദ് അതെങ്ങനെയാണ് ആകേണ്ടത് അതിന് രണ്ടിനടയിലുള്ള പഠിപ്പിച്ചതിനെ ഒന്നും പോലും അവഗണിക്കാതെ തള്ളിക്കളയാത അതിനെ സ്വീകരിക്കുന്ന ഒരു സമീപനവും പഠിപ്പിക്കാത്ത ഒരു കാര്യം പോലും യും ചെയ്യുന്ന ഒരു സമീപനം അതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ മാർഗരേഖ എന്ന ഓർപ്പെടുത്തലാണ് കഴിഞ്ഞ സംസാരത്തിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കിയത് സ്വാഭാവികമായും വിശുദ്ധ പുറ പറഞ്ഞ പ്രവാചക അധ്യാപനങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു വേള ചിലർക്കെങ്കിലും ഗ്രഹിക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അത് സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടുണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുമോ എന്ന സൂചനയും ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു വിശ്വാസി എന്ത് നിലപാട് സ്വീകരിക്കണം വിശുദ്ധപ്രഹാൻ പറഞ്ഞു അവർ വിശ്വസിച്ചത് പോലെ കൂടെ ജീവിച്ച സ്വഭാവത്ത് എങ്ങനെ മനസ്സിലാക്കിയോ എങ്ങനെ വിശ്വസിച്ചുവോ അങ്ങനെ വിശ്വസിക്കുക അവരെല്ലാം എല്ലാം അറിയുന്നവനും ആവും അപ്പൊ എന്തുകൊണ്ടാണ് അത് എല്ലാം ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് മുൻഗാമികൾ എല്ലാം അവർക്ക് ശാസ്ത്രം തെളിയിക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉഹിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ത് പറഞ്ഞ് എന്ത് ചോദിച്ചിട്ടായിരുന്നോ നബ്സലാ അലീം വസ്സല പറഞ്ഞ കാര്യങ്ങളെ സമീപിച്ചിരുന്നത് ഒരിക്കലും അവർ എന്താണ് നബ്സലാ അലൈവസ്ലാം അവരോട് പറഞ്ഞത് അത് അപ്പഴും അവർ സ്വീകരിച്ചു എന്തുകൊണ്ടാണ് അവർക്ക് സാധിച്ചത് അള്ളാഹ് ഹൃദയത്തിന് വിശാലം നൽകി ആ ഹൃദയവിശാല ഇല്ലാത്ത ആളുകൾക്ക് അതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല വമ യുരിദു ഇലാഹു അയ്യുദിയം ആർ കൻ യുരിദുല്ലാഹു ഹിദായത്ത് നലിക ഉദ്ദേശിക്കുന്നുവെങ്കിൽ യസ്റഹ സദറഹു ലിൽ ഇസ്ലാം ഇസ്ലാമേവണ്ടി അവന്റെ ഹൃദയത്തെ വിശാലമാക്കും വമ യുരിദു അൻ യുല്ലഹൂ ആരെയും വലുവളാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യജഅൽ സദറഹു വൈകി കഹാലജൻ വളരെ നിർജ്ജീവവും തുസായതുമായിട്ടുള്ള രൂപത്തിലാക്കും എന്നൊരു ഉപമ പറയാം ഇതുപോലെ കഅന്നമ യസ്അദു ഫിസ്സമാ ആകാശത്തിലേക്ക് കയ്യിൽ പോകുന്നത് പോലെ അവർ സ്വാമികൾ മനസ്സിലായി പക്ഷെ അവരാരെങ്കിലും ചോദിച്ചോ പ്രവാചക ആകാശത്ത് കയ്യിൽ പോകുമോ എന്താണ് സംഭവിക്കുക അവിടെ അങ്ങനെ ആകാശത്ത് ഹൃദയം കുടുക്കി പ്രയാസം ഉണ്ടാകുമോ അങ് അവിടെ പോയി നോക്കിയിട്ടുണ്ടോ അങ്ങക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചോ അവർ ഇല്ല ഉൾക്കൊണ്ടു അവർ അത് ശരിയാണ് പറഞ്ഞു ഇസ്ലാമിനു വേണ്ടി ഹൃദയത്തെ വിശാലമാക്കിയവൻ എല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും അവര് മനസ്സ് വിശാലമായി അല്ലാത്തവർക്കോ ഹൃദയം കുറിച്ചായിരിക്കും ഏതുപോലെ എന്നാൽ ഇന്നപ്പം അവർക്ക് മനസ്സിലാകാൻ കഴിയും ആകാശത്തേക്ക് കയറി പോകുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ ആകാശാരോഹണം നടത്തുന്ന ആകാശയാത്ര നടത്തുന്ന സഞ്ചാരികൾ അവർക്ക് വേണ്ട വസ്തുക്കളുമായിട്ടാണ് യാത്ര നടത്തുന്നത് അവർക്ക് ശ്വസിക്കുവാനുള്ള പിന്നെ വായുപോലുമായിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത് കാരണം ഒരു പെരി വിട്ട് കഴിഞ്ഞാൽ മനുഷ്യന് ശ്വസിക്കാവുന്ന വസ്തുക്കൾ ഇല്ല എന്നത് ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ല അതുകൊണ്ടാണ് അവർ വിശ്വസിച്ചത് അല്ല അവനായത്താണ് പ്രവാചകന്റെ അധ്യാപനമാണ് അല്ലാഹു പ്രവാചകൻ വരെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടു ഇതാണ് മതം അവർ പ്രവർത്തിക്കുന്നതിന് അവർ പ്രവർത്തിക്കുന്നതിന് അവർക്ക് ആളെ എന്ന് തെളിയില്ല പ്രമാദികളുടെ അംഗീകാരങ്ങളെ പ്രമാദയുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ച മുൻഗാമികളുടെ നിലപാടുണ്ടല്ലോ ആ നിലപാട് സ്വീകരിക്കലാണ് യഥാർത്ഥ ഹിതായത്തിന്റെ വഴി എന്ന് വിശുദ്ധ പ്രഹാൻ നമ്മളെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ട കാലം വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ പല ആളുകളുടെയും മനസ്സുകളിൽ ചിന്തകളിൽ കടന്നുകൂടുന്ന ചില പുതിയ ചിന്താധാരകൾ അത് നമുക്ക് ഇസ്ലാം ബുദ്ധിയുടെ മതമല്ലേ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ കണ്ടവോ എന്ന് ചോദിക്കുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് എന്നാൽ നമ്മൾ ആരോപിക്കേണ്ടത് നബി വസ്ലാ പറഞ്ഞു നിങ്ങളുടെ ആരുടെ ഈ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളത്തിൽ ഒരു ഈച്ച പോലെ മുഴുവനായി മുക്കുകൾ ചോദ്യം ആ ഈച്ചനായി അപ്പൊ സാധ്യത പറയണത് ഈച്ചാൽ ബുദ്ധികളുടെ ഒരു മാലിന്യങ്ങളൊക്കെ പോയിരിക്കുന്ന ഈച്ച വള്ളത്തിൽ പിന്നാല് ആ വെള്ളം മാലിന്യായി പിന്നെ ഒന്നുകൂടിയാലും മുക്കാന്നാണോ അങ്ങ് പറയുന്നത് ചോദിച്ചു ആ ഇല്ല ചോദിച്ചിട്ടില്ല അവരാരും അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നീട്ടു ഇന്ന് നമുക്കറിയാം ശാസ്ത്രം അത് കണ്ടെത്തി അപ്പൊ ശാസ്ത്രം കണ്ടെത്തിയത് കൊണ്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ആണോ അല്ലെന്താ കണ്ടെത്തിയത് ഒയിച്ച വെള്ളത്തിൽ പോയുമ്പോൾ അതിന്റെ മറ്റേ ചറിയിൽ അതിന്റെ ശമനമുണ്ട് അതിന് മരുന്നുമുണ്ട് മറ്റേ ഓർമ്മപ്പെടുത്തി ഈ അടുത്ത കാലത്താണ് അത് കണ്ടെത്തിയത് നൂറ്റാണ്ടുകൾ അതിനെ കളിയാക്കി പരിഹസിച്ചു എന്താ നിലവിന്റെ വർഗ്ഗാനം അല്ലെങ്കിൽ തന്നെ വൃത്തികെട്ട ഒരു ജീവിയായ ഈച്ച വെള്ളത്തിലൂടെ മുക്കിക്കുടിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു പരിഹസിച്ചവർ കളിയാക്കിയവർ പക്ഷെ അറിഞ്ഞിരിക്കണം കാലം പിന്നിട്ടപ്പോ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് സത്യം ിൽ അതിന്റെ ശമനമുണ്ട് എങ്ങനെയാണ് അത് മനസ്സിലായത് ആ ഈച്ച എങ്ങനെ വീണാലും ആ വിഷാംശമുള്ള ചിറകിൽ ചിറകു മാത്രമേ വെള്ളത്തിൽ തട്ടുകയുള്ളൂ എന്ന് ശാസ്ത്രം കണ്ടെത്തി നൈസേബ് ഏത് കോളേജിൽ നിന്ന് പിരിതലത്തിട്ട അത് മനസ്സിലാക്കിയത് ഈ ച എങ്ങനെ വന്ന് വീണാലും ആ വിഷാംശമുള്ള ചിറകെ ആ വെള്ളത്തിൽ തട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ചയെ മുക്കിയാൽ മറ്റേ ചിറകയുള്ള അതിന്റെ ശിഫ ശമനം കൊണ്ട് അതിന് മരുന്നുണ്ട് എന്നിട്ട് അച്ഛലാം ഏത് പരീക്ഷണ സാഹചര്യം കണ്ടെത്തിയതാണ് എവിടെയും പോയിട്ടില്ല പകരം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അച്ഛലാം പറഞ്ഞു മുക്കിയെടുത്ത് കുടിക്കുക എന്നാണ് ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു ഇന്ന് ശാസ്ത്രം സമ്മതിച്ചു െ എന്നാ ഞാൻ സ്വീകരിക്കാം എന്നാണ് നമ്മൾ പറയേണ്ടത് അങ്ങനെയാണോ അതീസികളെ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലല്ലോ വാക്കാണോ തെറ്റുപറ്റാത്ത വാക്കാണ് കാരണം അത് അടിസ്ഥാനത്തിൽ അരി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പ്രവാചകൻ സംസാരിച്ചതാണ് എന്ന ആ വിശ്വാസം അതാണ് മുൻഗാമികൾ വിശ്വസിച്ചത് അതാണ് മുൻഗാബികൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നമ്മളും വിശ്വസിക്കേണ്ടത് എന്ന് ഖുറാൻ പറയുന്നു അവ ബുദ്ധികൊടുക്കേണ്ടതില്ലേ ബുദ്ധി കൊടുക്കണം ഏത് വിഷയത്തിലാ പ്രമാണങ്ങളെ വിശകലനം ചെയ്യുന്ന വിഷയത്തിലല്ല പിന്നെയോ പ്രമാണങ്ങളിലേക്ക് എത്തിപ്പെടാനും അതേപോലെ തന്നെ അള്ളാവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുമാണ് ചിന്തിക്കാൻ വേണ്ടി ഖുറാൻ പറഞ്ഞത് ഒട്ടകത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റിയാണ് ചിന്തിക്കാൻ അല്ലാതെ എന്തപ്പൊ ലോ ഒരു നാലിറക്കാത്ത ആകാരണം എന്തുകൊണ്ട് അത് രണ്ടിരക്കാത്തായില്ല ആവശ്യമില്ല എന്തുകൊണ്ട് സുബി രണ്ടറക്കാത്തായി അതൊരു നാലിറക്കാത്ത ഏതായാലും നമ്മൾ എഴുന്നേൽക്കല്ലേ സുബിക്ക് ഈ തണുപ്പത്ത് എഴുന്നേറ്റം ഒന്നും ഉണ്ടാക്കിയിട്ട് ഏതായാലും നമ്മൾ മരക്കടണം എന്നാ എന്ന് ആരെങ്കിലും ബുദ്ധി കൊടുത്ത് തന്നെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളോ ഇല്ല അതിൽ ബുദ്ധി കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ല കാരണം അത് പ്രമാണത്തിൽ വന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ പറഞ്ഞത് അത് ചെയ്യുക എന്നതാണ് വിശ്വാസീയണ ബാധ്യത മുണ്ടു നോക്കുക അതീതികളിൽ വന്ന കാര്യങ്ങൾ എത്രയെത്ര വിഷയങ്ങളെ പിന്നെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ പിന്നെ വിമർശിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു ഒരു മനുഷ്യന്റെ ജനനം മുതലുള്ള വിഷയത്തെ സംബന്ധിച്ച് എന്താണ് സത്യം മാത്രം അതിനുശേഷം അടുത്ത നാൽപ്പത് ഘട്ടം വേറൊരു ഘട്ടമാണ് അങ്ങനെ ആ ഘട്ടങ്ങൾ പാതം അതിനിടയിൽ ഒരു മലക്ക് വരും എന്ന് പറഞ്ഞു മലക്ക് വന്നിട്ട് രേഖപ്പെടുത്തും ഇവൻ ആണാണോ പെണ്ണാണോ ശക്തിയാണോ സൈഡാണോ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ അവന്റെ റിസുക്ക് എന്താണ് അവന്റെ അമൽ അവന്റെ പരിചരവസാനം എന്താണ് എന്നത് അവന് രേഖപ്പെടുത്തും എന്ന് ഹനീതിയിൽ വന്നു ഒരുപാട് കഴിഞ്ഞപ്പോ വിമർശിച്ചു ഒരുപാട് ആളുകൾ വിമർശിച്ചു പക്ഷെ ഈ സത്യപ്പെടുത്തി എന്താ മുഹമ്മദ് അലൈസാ ഒരു വിവരമല്ലാതെ പറഞ്ഞ കാര്യമാണ് ശാസ്ത്രത്തിനോ യുക്തിക്കോ തിരക്കാത്ത കാര്യമാണ് എന്ന് കാലം പിന്നിട്ടപ്പോൾ അംഗീകരിക്കേണ്ടി വന്നു എന്താ ഒരു പ്രത്യേക കാലയളവിൽ അല്ലാതെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്താൻ സാധ്യമല്ല അതിന് മുമ്പ് ലിംഗനിർണ്ണയം നടത്തിയാൽ കുട്ടി ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുക സാധ്യമല്ല എന്ന് ശാസ്ത്രം ഇന്ന് കണ്ടെത്തി അപ്പൊ ശാസ്ത്രം കണ്ടെത്തിയാലേ സ്വീകരിക്കേണ്ടത് അല്ല ആ മുൻകാമികൾ എങ്ങനെ സ്വീകരിച്ചത് ആർക്കെങ്കിലും അന്ന് പിന്നെ അങ്ങനെ ചിന്തിച്ചു അവരാരെങ്കിലും ആ ലോ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണശാലയെ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിജീവികളോട് ചോദിക്കുക അങ്ങനെ തന്നെയാണോ കാര്യം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടാണോ അല്ല ശരിയാണ് ഞങ്ങൾ കേൾ അനുസരിച്ചു എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആ ഒരു നിലപാടാണ് വിശ്വാസികൾ എന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഈ ബുദ്ധിമുട്ടത്തിൽ ചിന്തിക്കണം പറഞ്ഞ മതമല്ലേ ചിന്തിക്കാൻ പറഞ്ഞ എന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയോട് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ എവിടെയും വിഷയങ്ങളുണ്ട് എന്നാൽ നമ്മൾ അതൊക്കെ ചെയ്യാം ഒഴിവാക്കുകയാണോ വേണ്ടത് തള്ളിക്കളയാണോ വേണ്ടത് ഓർക്കണം നമ്മൾ െല്ലാവർക്കും അറിയാവുന്ന ഏതൊരു അറിയാവുന്ന കാര്യമാണല്ലോ അഥവാ നമ്മളിവിടെ കത്തിക്കുന്ന തീരെ ചൂട് നരകത്തിലെ തീ ജ്വാലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി അത്രയും കഠിനമായ ശക്തമായ ചൂടുള്ള നരകം അതാണ് നരകം ആ നരകത്തിൽ സാധാരണ ദുരി ഉരുകാത്ത പാത്രമായി ഉപയോഗിക്കുന്നത് കല്ലിന്റെ പാത്രം നെയ്യം പോലെയുള്ള വസ്തുക്കളൊക്കെ ഉരുക്കി ഒഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ആ പാത്രമാകുന്ന കല്ല് പോലും ഉരുകി ുംരകത്തെ സം പറ്റി പറയുന്നത് അക്രമികൾക്ക് അതൊരു പരീക്ഷണമാക്കി വെച്ചിരിക്കുകയാണ് അതൊരു മരമാണ് അടിത്തട്ടിൽ നിന്ന് മുളക്കുന്ന മരമാണത് അപ്പൊ ഒരു മനുഷ്യനെ ആലോചിക്ക ബുദ്ധി കൊടുക്ക അങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ ഒരു മരം അതിലടുത്ത് മരണ്ടെങ്കിൽ ആ തീയിട്ടാൽ ആ മരം ഒന്നാകെ വാടിപ്പോ അങ്ങനത്തെ ചൂടുള്ള പിന്നെ ഈ ഈ ഇഹലോകത്തെ തീ അതിനേക്കാൾ എഴുപതരട്ടി ചൂടുള്ള നരകത്തിലെത്തി ആ തീയിൻ്റെ അകത്ത് അടിത്തട്ടിന്ന് ഒരു മരം യാത്ത ഒരു ഭക്ഷണമാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞു അവൻ എന്താ അത് പ്രമാണത്തിൽ വന്നതാണ് വിശുദ്ധ ഖുർഹാനിൽ വന്നതാണ് സ്വീകരിച്ചേ മതിയാകൂ നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വാക്കാൻ സൂക്ഷ്മമായ ജീവജാലങ്ങളെപ്പോലും സൃഷ്ടിക്കാനും സംവിധാനിക്കുവാനും കഴിവുള്ള ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ വരതജാലങ്ങളെ വ്യത്യസ്തപ്പെടുത്തി നരകത്തിന്റെ അടിത്തത്തിൽ നിന്നും ഒരു ഒരു മരം ഉളപ്പിക്കാനും കഴിവുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസി ആ വിശ്വാസത്തിലേക്ക് അവരുടെ ഹൃദയം വിശാലപ്പെടുമ്പോഴാണ് എൻ ഡി അവർ ഹിദായത്തിൽ കിട്ടുന്നത് എന്നും ആരോപണപ്പെടുത്തുന്നു അതാണ് അതാണ് ഹൃദയം വിശാലപ്പെടുക എന്നാൽ അല്ലാതെ ആ ബുദ്ധി കൊടുത്ത് ഞാൻ ചിന്തിക്കുക ഇസ്ലാം ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത മതമാണ് അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ശരിക്ക് ചിന്തിച്ചിട്ടേ ആലോചിച്ചിട്ടേ സ്വീകരിക്കുള്ളൂ കാരണം അങ്ങനത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു തീരനെ വാളിപ്പോകുന്ന മരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇരിക്കവേ ഖുറാൻ ലതാ പറയുന്നു നരകത്തിന്റെ അടിയിൽ ഒരു മരം എന്നിട്ട് അതിന്റെ മുകളിൽ കായിക ഉണ്ടാവും അതിൽ നിസാദിന്റെ തറവൻ ഉണ്ടാവും അത് നരകത്തിന്റെ നിവാസികൾ കഴിക്കാൻ വേണ്ടി കൊടുക്കും ഇതൊന്നും ഇതിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആയത്തിനെ ഒഴിവാക്കും എന്തൊരു പ്രാമാണികതയാണ് ഉള്ളത് ഈ ആയത്ത് ഏത് രൂപത്തിലാണ് നബിമിലേക്ക് ഇറങ്ങിയത് ഈ ആയത്തിൽ എങ്ങനെയാണ് വിശദീകരിച്ചു കൊടുത്തത് അതേ പ്രാമാണികതയും അതേ വഴികളും അതേശാസ്ത്രവുമാണ് ഖുർഹാനിലെ ബാക്കിയുള്ള മുഴുവൻ ആയത്തുകൾക്കുമുള്ളത് അതിനപ്പുറത്തുള്ള ഒരു പ്രാമാണികതയില്ല എല്ലായിട്ടും ഒരേ പ്രാമാണികതയാണ് അപ്പൊ ആയത്യാൽ അതിനർത്ഥം ഖുർഹാൻ പൂർണ്ണമായും ഒഴിവാക്കിയതിന് തുല്യമാണ് ശരി അജീതകൾ പറഞ്ഞാൽ എന്താ കഴിഞ്ഞ സംസാരത്തിലൂടെ ഓർമ്മപ്പെടുത്തി വഹിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലായില്ല നമുക്കത് പിന്നെ ശാസ്ത്രം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രം അത് കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളരാണോ എങ്കിൽ എങ്കിൽ പ്രവാചകൻ പറഞ്ഞ മുഴുവൻ ഹതി തള്ളൂ സ്വീകരിക്കാൻ സ്വീകരിച്ച മാനദണ്ഡങ്ങളും എത്രമാത്രം സ്വീകരിക്കുന്ന ഹദീസുകൾക്കും ഉള്ളത് അപ്പൊ ഈ ഹദീസ് പിന്നെ സ്വീകരിക്കാൻ എന്താ മാനദണ്ഡം ഒരേ മാനദണ്ഡത്തിൽ രണ്ടു വിഷയങ്ങൾ വന്നു ഒന്നും അത് സ്വീകരിക്കില്ല ഒന്ന് സ്വീകരിക്കുമെന്നാൽ അതിന് എന്ത് മാനദണ്ഡം ഒരു മാനദണ്ഡമില്ല അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു വന്നത് പ്രവാചകൻ സ്ഥലം സ്ഥിരപ്പെട്ട സനതിലൂടെ വന്ന വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് കഴി ഒരുമാക്കുന്ന പ്രവണത വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെയാണെങ്കിൽ ഓർമ്മിൽ പോലും उड़क, निया निया निया ും അവരുടെ ഉൾക്കൊള്ളാനോ യോജിക്കാനോ കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ് സംസാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഗ്രാമത്തിനടുത്തുകൊണ്ട് നടന്നു പോകുമ്പോ അവിടെ എല്ലാം വീണ് കടക്കുന്നു അയാൾ ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ മരിച്ചതിന് ശിച്ചിരിക്കുക ിൽ പറഞ്ഞതാ എങ്ങനെ വിശ്വസിക്കാൻ എന്ത് അങ്ങനൊക്കെ എന്നിട്ടോ അയാളുടെ ഭക്ഷണത്തിന് ഒരു കേടുപാട് പറ്റാതെ അയാൾ സഞ്ചരിച്ച കഴിതക്കോ അത് അതിന്റെ എല്ലുകൾ കഷ്ണങ്ങളും പൊടികളുമായി അയാളുടെ മുമ്പിൽ കിടക്കുന്നു എന്നിട്ട് അള്ള അയാളോട് പറയാ എന്താ പറയുന്നത് എങ്ങനെ നിന്റെ പാനീയത്തിലേക്കും നിന്റെ ഭക്ഷണത്തിലേക്കും നീ നോക്കുക കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നാലോ എന്നാലോ നീ സഞ്ചരിച്ച ഒട്ട് കഴുതയോ അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതും ഒരുമ്പി പോയിട്ടുണ്ട് എല്ലായിട്ടുണ്ട് നീ നോക്കിക്കോ നോക്കി കണ്ടോ അങ്ങനെ അയാൾ നോക്കി നിൽക്കവേ ആ കഴുതയതാ ജീവൻ വെച്ചു വരുന്നു അതിന്റെ എല്ലുകൾ ആ എല്ലുകളെ മാംസം വന്നിയുന്നു അതിൽ ജീവന്റെ തുണിപ്പുകൾ വരുന്നു അത് ഒരു കഴുതയായി മാറുന്നു അയാൾ അതിന്റെ സഞ്ചരിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു അവ ജനങ്ങളെ അത്ഭുതപ്പെടാൻ നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് ആ പിന്നെ ൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നമ്മളൊന്നും സംഭവിക്കുകയില്ല അതൊക്കെ കുറച്ച് പിന്നെ കടന്ന ഒരു ചിന്ത ആ അവസ്ഥയാണ് പറയുന്നുവെങ്കിൽ എന്താണ് അയാളോട് പറയേണ്ടത് അതേ സത്യമാണത് വിശുദ്ധ പ്രാരി മരണാനന്തര ജീവിതമുണ്ട് മരിച്ചവർ ജീവിക്കുമെന്നതിന് വിശുദ്ധ പ്രാൻ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തിൽ കൊല്ലം കൊല്ലം ഗുഹാവാസികളായ ഒരു പിടി ചെറുപ്പുകാരെ ഉറക്കിക്കിടക്കി മുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം അവിടുത്തെ രാജഭരണം മാറി സംസാരം മാറി സംസ്കാരം മാറി നാണയം മാറി വിനയം മാറി എല്ലാം മാറിയിട്ട് ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പകുതിയോ ഉറങ്ങിക്കടന്ന ധാരണയിൽ ഒരാൾ പറഞ്ഞേക്കാണ് പാത്തും പതുങ്ങി പോണോട്ട് ആൾക്കാർ കണ്ടാൽ കുരിച്ചുണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പോകണം ഒരു പ്രാകൃത വേഷം ധരിച്ച് പ്രാകൃതമായ സംസാരം സ്വീകരിച്ച് അവരുടെ അവർക്ക് പരിചയമില്ലാത്ത നാണയമായി അങ്ങാടിച്ചതും ആൾക്കാർ അമ്പപ്പെട്ടു ഇത് ഏത് നാട്ടിലത്തെ മനുഷ്യനാണ് അയാൾ പറഞ്ഞു ഞാന് പിന്നെ ഞങ്ങൾ ഗുഹയിൽപ്പെട്ട മനുഷ്യന്മാരാണ് നിങ്ങൾ ഏത് കാലത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇന്ന രാജാവിന്റെ ആ രാജാവിന്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാരോ ആളുകൾ അത്ഭുതം കൂടുകയാണ് ഇത് ഖുഹാനിൽ പറഞ്ഞിട്ടില്ലേ എങ്ങനെ നമ്മളെ ബുദ്ധിമുട്ട് മുന്നൂറ് കൊല്ലം മനുഷ്യന്മാർ ഇങ്ങനെ വാങ്ങിക്കിടക്കുക എന്നിട്ട് രാജഭരണന്മാർ എന്നിട്ട് മുന്നൂറ് കൊല്ലം കഴിഞ്ഞ അടുത്ത് നാണയവും സംസാരം സംസ്കാരമൊക്കെ മാറിയിട്ട് മനുഷ്യർ വരുക അങ്ങാടിക്ക് വരിക എനിക്കത് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ ഹൃദയം ഇസ്ലാമിന്റെ സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് വിശാലപ്പെട്ടിട്ടില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് അള്ളാഹിനോട് കാവലിൽ തേടുക അത്തരത്തിലുള്ള വിഷയങ്ങളിൽ അല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടല്ല ബുദ്ധിപരമായ വിശകലനം നടത്തണം ഒട്ടകത്തെ പറ്റി ചിന്തിക്കുന്നില്ലേ പർവതത്തെ പറ്റി ചിന്തിക്കുന്നില്ലേ ആകാശത്തെ പറ്റി ചിന്തിക്കുന്നില്ലേ സൃഷ്ടിച്ച പറ്റ സംഭവ എന്നിട്ട് നിങ്ങൾ കല്ലാനെ കണ്ടെത്താൻ കഴിയുന്നില്ലേ മരണാനന്തര ഒരു ജീവിതമുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ലേ അതാണ് ചിന്തിക്കാൻ പറഞ്ഞത് അല്ലാതെ ഖുഹാനും പ്രാമാണികമായും വന്ന വിഷയങ്ങളെ വളരെ കൃത്യമായ കണ്ണടയിലൂടെ നോക്കി അത് ഉപയോഗിക്കുന്നില്ല മറ്റത് ഞാൻ വേണമെങ്കിൽ സ്വീകരിക്കാം അത് വേണമെങ്കിൽ ഒപ്പിക്കുക അത് ഖുറാനിൽ വന്നതല്ലേ അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാം മറ്റത് അതീതല്ലേ അത് അത്ര വേണ്ട പോരാ എന്ന് പറയുന്ന സമീപനം വിശ്വാസികളെ സ്വീകരിക്കേണ്ടത് എന്ന് ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നു പകരം വിശ്വസിക്കുക അതാണ് ഹിദായത്തിന്റെ വഴി അള്ളഹായത്തിലാക്കും ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയമനിർദ്ദേശങ്ങളും വായിച്ച് അവരെ സൂക്ഷിച്ച് ജീവിക്കണം ആലപ്പുഴ നമ്മളെല്ലാവരും ഓർത്തുവെക്കേണ്ട വായിക്കേണ്ട പഠിക്കേണ്ടവരായത്താ അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അവനാണ് നിങ്ങൾക്ക് വേറെ ഗ്രഹം പറയുക യാത്രം വളരെ ഖണ്ഡിതമായി നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങൾ അതാണ് ആ വേദഗ്രന്ഥത്തിന്റെ മാതാശാപ പരസ്പര സാദൃശ്യം പോടിയേക്കാവുന്ന ചില കാര്യങ്ങളും ആന അമ്മ എപ്പോഴും മനസ്സിൽ ആളുകൾ വക്തയുള്ള ആളുകൾ ആ ദശാവത്തുള്ള അത്തരത്തിൽ ഒരു ഇസ്കാരം ഉണ്ടാക്കാനോ മനുഷ്യന്റെ മനസ്സിൽ ചിന്ത അത് അങ്ങനെയല്ലേ എങ്ങനെയല്ലേ പറഞ്ഞ ആളുകളെ ഒരു വസ്വാസാക്കാൻ കഴിയുന്ന അതിന്റെ പോലെ പിടിച്ചിട്ട് അത് വ്യാഖ്യാ അതിന്റെ അതിനാഗ്രഹിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾ അതിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനം അള്ളാഹ് അറിയുള്ളൂ ഒരുപാട് സ്വത്തുകൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം സകല മുഹസിനോട് പറഞ്ഞു അള്ളാഹു അതിന്റെ അർത്ഥം അതിലൊരു അർത്ഥമല്ലെന്നാ യാസി പറയുന്ന ആ രണ്ടരങ്ങൾക്ക് ഒരു അർത്ഥം ഇല്ലാന്നാണോ അല്ല അള്ളാഹു അള്ളാഹ് അത് അറിയുള്ളൂ അറബികൾക്ക് പരിചയമില്ലാത്ത ഒരു പ്രതിഭാ രീതി എന്താ അതിനർത്ഥം വെറുതെ നാലഞ്ച് അക്ഷരം കൊടുത്താ അല്ല അതിനർത്ഥമുണ്ട് അതാക്കി അറിയൂ അതാക്കി അറിയൂ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ വിശ്വസപ്പുറം നമ്മളെ പഠിപ്പിക്കുന്നു അടിയുറച്ച ആളുകൾ എപ്പോഴും അവർ പറയും ഞങ്ങളതിൽ വിശ്വസിക്കുന്നു കാരണം എല്ലാം ഞങ്ങളുടെ റബ്ബിംഗളിൽ നിന്നുള്ളതാണ് ഒമാ എന്തൊക്കെ ഇല്ലാതെ അത്ഭാവം ബുദ്ധിയുള്ള ആളുകളല്ലാതെ എൻ്റെ ആലോചിക്കുകയില്ല എന്നൊക്കെ ആരോഗ്യപ്പെടുന്നു അതുകൊണ്ട് നാം ആ ബുദ്ധിയുള്ള ആളുകളുണ്ട് അതാണ് ബുദ്ധി എന്ന് പുറാണോ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് മനസ്സിലാകാത്ത കാര്യങ്ങളും സ്ഥിരപ്പെട്ട സനദിലൂടെ വന്ന ഹദീസാണെങ്കിൽ കുർബാന പറഞ്ഞ പ്രതിമാനം ആണെങ്കിൽ വർത്തായന എന്ന രീതിയെ സ്വീകരിച്ചുകൊണ്ട് മുൻകാർ സ്വീകരിച്ച വിശ്വാസ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകൻ സ്നേഹികളാവാൻ നാം ശ്രമിക്കുക ശ്രദ്ധിക്കുക നന്ദന ദോഷം നമ്മൾ അതിനും അറിയാതെ മനസ്സിലാക്കാതെയോ കുറ്റങ്ങളും സ്വീകരിച്ച ഒരുപാട് സൗന്ദര്യങ്ങൾ അവരുടെ എല്ലാ പരങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കും ആളുകൾക്ക് രോഗങ്ങൾ കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ രോഗം ശുദ്ധിയാക്കി കൊടുക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ൾ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കെ കെ സിയുടെ പ്രവർത്തകൻ മെമ്പർമാരുമായിരുന്ന പിന്നെ രണ്ട് സഹോദരന്മാർ എഞ്ചിനീയർ അഹമ്മദ് കുട്ടി അതേപോലെ തന്നെ മുഹമ്മദിന്റെ ഉമ്മ അവർ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൂടി പ്രാധാന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതാവും അവർക്ക് മഹത്തു മരണം നൽകിയാണ് അവരുടെ